എല്ലാവർക്കും എൻ്റെ പ്രണം അറിവ് അഥവാ ബോധം ഈ രകത്തായി കാണുന്ന സകലത്തും ആ ബോധം തന്നെയാണ് ശുദ്ധമായ ബോധം സർവത്ര നിറഞ്ഞ നിശ്ചലമായി ആനന്ദഘനമായി നിൽക്കുന്നു അതിൻ്റെ പേരാണ് ബ്രഹ്മം അതിനെ ഈശ്വരനെന്നോ അഖണ്ഡബോധമെന്നോ എന്ത് പേര് ചൊല്ലി വിളിച്ചാലും വേണ്ടില്ല ആ അഖണ്ഡബോധത്തിൽ മായ നാമരൂപങ്ങളെ ഉണ്ടെന്ന് തോന്നിക്കുന്നു അമീവ മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള അനന്തകോടി ദൃശ്യങ്ങൾ ഇങ്ങനെ മായ ഉണ്ടാക്കിക്കാണിക്കുന്ന നാമരൂപങ്ങളാണ് അപ്പോൾ അതിലൊക്കെ ഉള്ളത് ബോധം അറിവ് ഈ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിയാൽ എല്ലാം അറിവായി കാണുക ഒരു മണൽത്തരി പോലും അറിവാണ് ബോധമാണ് ഇത് വ്യക്തമായി ധരിച്ചു കഴിയുമ്പോൾ നമുക്കാരോടും പ്രത്യേക സംഘമില്ല പ്രത്യേക വിരോധമില്ല ജീവിതം മുഴുവനൊരു നാടകം ഒന്നരം നാടകം ഇത് കുറെ ശശീലിക്കുക ഒരു ദിവസം കൊണ്ട് വേണ്ട ഈ വസ്തുത ധരിച്ചു വെക്കുക നിരമുറിച്ച് ഈ വസ്തുത ധരിക്കാതെ ഭക്തി കർമ്മം ജ്ഞാനം യജ്ഞം എന്ത് നടത്തിയതുകൊണ്ടും കാര്യമായ ഫലമില്ല ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭാഗവതത്തിലും ഗീതയിലുമൊക്കെ ഇത് അത്യന്തം വ്യക്തമാക്കുന്നു നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തോളൂ വാസ്തവത്തിൽ ഗീതയൊക്കെ പറയുന്നത് അത്ഭുതമാണ് അങ്ങേറ്റത്തെ പാപകർമ്മങ്ങൾ ചെയ്തോളൂ ചെയ്തോളൂ എന്ന് വെച്ചാൽ അനുവദിക്കുകയല്ല നിവർത്തിയില്ല പാപവാസനയുമായി വന്നു പിറന്നു നമ്മൾ കാണുന്നില്ലേ എന്നാളുകൾ പലർക്കും നിവർത്തിയില്ല എന്ത് ചെയ്യാൻ എന്നാൽ പോലും കൃഷ്ണൻ പറയുന്നു ഈ ജ്ഞാനം ഉൾക്കൊള്ളു ആദ്യം ബുദ്ധി ബുദ്ധി കൊണ്ട് ഈ സത്യം ഉൾക്കൊള്ളൂ ആർക്കാ പറ്റാത്തത് ഏത് പാപിക്കും ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിയുമെങ്കിൽ ആ ജ്ഞാനം എല്ലാ പാപങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കിയവനെ മോചിപ്പിക്കുന്നു തീർച്ചയല്ലേ ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ തൽക്കാലം ഞാൻ വാസനയ്ക്ക് അടിമപ്പെട്ട് നിവർത്തിയില്ലാതെ പാപങ്ങൾ ചെയ്യുന്നു പക്ഷേ വസ്തുവന്നേ ഉള്ളൂ ഇത് ഉറച്ചുറച്ച് വരുന്തോറും പാപവാസനയൊക്കെ മാറും ഇത് മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് ഭക്തിമതി അല്ലെങ്കിൽ കർമ്മം മതി അല്ലെങ്കിൽ ജപം മതി ധ്യാനം മതി നിങ്ങളെന്ത് വേണോ ചെയ്യൂ സർവകർമാണഭിസദാ കുർവാണോ കൃഷ്ണൻ പറയുന്നു എന്ത് കർമ്മമോ എപ്പോൾ വേണോ ചെയ്തോളൂ ചെയ്തോളൂ എന്ന് വെച്ചാൽ ഈ ലോകത്തെ നോക്കുക അമീപ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ അവരുടേതായ കർമ്മങ്ങൾ ചെയ്യുന്നു വരെ എന്താ നിവർത്തി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും ആർക്കും സാധ്യമല്ല ഇപ്പൊ ഒക്കെ ഇപ്പോൾ ഉടനെ ഒഴിഞ്ഞുമാറണം ഒന്നും നടക്കില്ല ഇതൊരു കോലാഹലം തുടങ്ങിയ അന്നും മുതലേ ഇവിടെ ആദ്യമൊക്കെ നമുക്ക് ഭക്തി മതി സാർ ഈ ജ്ഞാനം വേണ്ട ആ ഭക്തി മതി എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തിലെത്തുന്നതുവരെ ഓരോ ഭക്തിയും സഹായിക്കില്ല നേരെ പറഞ്ഞ ആദ്യമേ ഈ സത്യം ബുദ്ധിക്ക് ഒരുമാതിരി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭക്തിയാണെങ്കിൽ ഭക്തി ഒരു വിരോധവുമില്ല തൽക്കാലം കോവിലാണ് പോകുന്നത് മതി അല്ലെങ്കിൽ വീട്ടിലാണ് പൂജിക്കുന്നത് മതി ഇല്ല തൽക്കാലം പൂജയൊന്നും ചെയ്യുന്നില്ല കൃഷി പണിയാണ് കൃഷ്ണൻ എന്ത് ഗംഭീരമായിട്ടൊടി പറയുന്നു നിങ്ങൾ തൽക്കാലം എന്ത് പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തി കൊണ്ടെന്നെ പൂജിക്കൂ യഥാപ്രവൃത്തിർഭൂതാനാം ഏന സർവമിതം തത്വം സകല പ്രപഞ്ചഘടകങ്ങളുടെയും പ്രവൃത്തി എവിടെ നിന്ന് ആരംഭിക്കുന്നുവോ ഈ ബോധത്തിൽ മായ ഉണ്ടാക്കി തീർക്കുന്നതാണ് സകല കർമ്മങ്ങളും ഏന സർവവിധം തത്തം ഏതൊരു സത്യത്താൽ സർവ്വം നിറഞ്ഞിരിക്കുന്നുവോ സ്വകർമ്മണാതമഭ്യർത്ഥ്യ അഭ്യർത്ഥ്യ ഇന്ന് നിങ്ങൾ തോട്ടിപ്പണിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറച്ചു വെട്ടി അല്ലെങ്കിൽ വേറൊരു കർമ്മം എനിക്ക് എന്ത് വേണോ ആയിക്കോളൂ സ്വകർമ്മ അല്ലാതെ എനിക്ക് വേണ്ടി ആ സത്യത്തിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യണമെന്നില്ല ആ സത്യത്തെ അറിയുവാദ്യം നിങ്ങളതാണ് അറിഞ്ഞിട്ട് സ്വകർമ്മണ താൻ തൽക്കാലം ചെയ്യുന്ന ഏത് കർമ്മവും ആ സത്യത്തിൻ്റെ പൂജയാണെന്ന് ഓർമ്മിക്കുക അത്ര ഇറച്ചി വെട്ടി വിൽക്കലാണെങ്കിൽ ധർമ്മവ്യാസനെപ്പോള് എന്റെ ഇറച്ചി വെട്ടി വിക്കൽ ബ്രഹ്മയജ്ഞം സ്വകർമ്മണാദമഭ്യർത്ഥ എത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു തൽക്കാലം താൻ അനുഷ്ഠിക്കുന്ന കർമ്മം കൊണ്ട് ആ സത്യത്തെ അർച്ചിക്കൂ സിദ്ധിം വിന്ദതി മാനവ ഏതു മനുഷ്യനും അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അവൻ പരമസിദ്ധി സിദ്ധി എന്ന് വെച്ചാൽ ഈ ചെറിയ സിദ്ധിയല്ല മോക്ഷം ദുഃഖമോചനം ദുഃഖമോചനം എന്ന ആ മോക്ഷം ഏത് മനുഷ്യനും സാധ്യമായിത്തീരും ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല ഇത് ശാസ്ത്രീയ സത്യമാണ് ആ ശാസ്ത്രീയ സത്യം ഉൾക്കൊള്ളും ബാക്കി എല്ലാം നേരെയാവും എല്ലാം അതുകൊണ്ടാണിതാ പതിന് അറിവുന്ന കൃതിയിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ഗുരുദേവൻ എന്ത് പറയുന്നു നമ്മളൊക്കെ ആ അറിവാണ് അറിവ് ബോധം അതല്ലാതെ ഇവിടെ രണ്ടാമതൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുക അറിവിൻ അറിവായി ഈ ചെറിയ ചെറിയ അറിവുകൾ ഇത് പുസ്തകമാണ് ഇത് സൂര്യനാണ് ചന്ദ്രനാണ് ഇത് മണൽത്തരിയാണ് മണ്ണാങ്കട്ടയാണ് എന്നിങ്ങനെയുള്ള ഏതറിവും അതൊക്കെ അറിവല്ലേ ബോധം അതുണ്ടെന്ന് പറയുന്നതാണ് അറിവ് അപ്പൊ ഒക്കെ അറിവണം പക്ഷെ ഈ അറിവുകളുടെ ഒക്കെ അറിവാണ് പ്രപഞ്ചത്തിലെന്നും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധം എന്നും നിറഞ്ഞു നിശ്ചലമായി നിൽക്കുകയാണേ അതിൽ മായ ഉണ്ടാക്കി തീർക്കുന്ന അറിവുകളാണ് കൊച്ചു കൊച്ചു അറിവുകൾ അതുകൊണ്ട് അറിവിൽ നിന്നറിവായി നിന്ന് സകല ചെറിയ ചെറിയ അറിവുകൾക്കും അറിവായി നിന്ന് ഏത് അറിയിക്കുന്നു ഏത് സത്യമാണോ വളരെ സ്പഷ്ടം ഏത് സത്യമാണോ എല്ലാം അറിയിക്കുന്നത് നാം അതായിടും നാം അതാണ് നമ്മളൊക്കെ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞ് സകല ജീവികളുടെയും ഉള്ളിൽ മായി സ്ഫുരിക്കുന്ന ആ സത്യം ഈ സർവവ്യാപിയായ അറിവാണ് നമ്മുടെ ഈ ചെറിയ ചെറിയ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ഒക്കെ ഒന്ന് മാറാമെങ്കിൽ നമ്മളാ അറിവായിത്തീരും അറിവായി ഇപ്പോഴും അറിവാണ് ഈ ഉപാധികൾ അതിൻ്റെ പൂർണ്ണതയെ മറച്ചിരിക്കുന്നു അറിവിന് അറിവായി ഒന്ന് ഏതറിവിക്കുന്നിങ്ങു ചെറിയ വാക്യങ്ങൾ അറിവിനറിവായി നിന്ന് ഏ അതാണ് ആ ബ്രഹ്മം അതിൻ്റെ തന്നെ നാമരൂപങ്ങളിൽപ്പെട്ട് ചെറുതായതുപോലെ തോന്നുന്ന കാഴ്ചകളാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇത്രയുള്ളൂ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ രഹസ്യം ഇത്രയുള്ളൂ ഏത് ശാസ്ത്രജ്ഞനോ എവിടെ നിന്ന് വന്നോ പരിശോധിക്കട്ടെ അത്രയുള്ളൂ അപ്പൊ അറിവിൻ അറിവായി നിന്ന് ഏതറിയിക്കും നിങ്ങൾ നാം അതായിടും നമ്മളത് തന്നെ തത്വമസി നീ അത് തന്നെ എന്നല്ലേ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് അറിവേദിനം ഈ നിലയിൽ ചിന്തിച്ചറിവിനെ മനസ്സിലാക്കുക അറിവേദിനം ശുദ്ധമായ അറിവ് അതിൻ്റെ സ്വരൂപം എന്ത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് അല്പം ശാസ്ത്രീയമായി ചിന്തിച്ച് ഉറപ്പിക്കണം അറിവേദിനം എങ്ങനെ അതെങ്ങനെ നേടാൻ പറ്റും ആ പൂർണ്ണമായ അറിവിൻ്റെ സാക്ഷാത്കാരം എങ്ങനെ നേടാൻ പറ്റും വ്യക്തമായി ധരിക്കണം വല്ലതും ധരിച്ച് ഭക്തി മതി അപ്പം മതി മതി ഇവിടെ ഇവിടെ ഇപ്പം എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല പുരാണം വായിച്ചു നോക്കട്ടെ ഉദ്ധവര് ഞാൻ ഒരൊറ്റ കഥ മാത്രം നോക്കിയാൽ മതി അഞ്ചാം വയസ്സിൽ കൃഷ്ണവിഗ്രഹം ഉണ്ടാക്കി മണ്ണുകൊണ്ട് കൃഷ്ണവിഗ്രഹം ഉണ്ടാക്കി കൃഷ്ണപൂജ നടത്താൻ തുടങ്ങിയ ആളാണ് ഉദ്ധവരൻ ഭാഗവതത്തിലെ ഉദ്ധകര് അപ്പോൾ അമ്മ പോയി കുഞ്ഞിനെ പ്രാത കഴിക്കാൻ ക്ഷണിക്കും അമ്മയെ വരട്ടെ ഞാനാൽ എൻ്റെ പൂജയൊക്കെ ഒന്ന് തീർത്തോട്ടെ ആ പൂജ തീർന്നേ പോവും തുടർന്ന് കൃഷ്ണന്റെ കൂട്ടുകാരനായി അദ്ദേഹത്തിൻ്റെ മന്ത്രിയായി ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നു അത് മറ്റു പലതും പഠിക്കാം പക്ഷെ ഈ ഉപനിഷത്തത്വം ഉൾക്കൊള്ളാൻ തവർക്ക് കഴിഞ്ഞില്ല എങ്ങനെയോ കഴിഞ്ഞില്ല അതിനുള്ള അവസരങ്ങളൊക്കെ ധാരാളം കുറെ ഒക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഉള്ളിലതിൽ കൊള്ളാൻ കഴിഞ്ഞില്ല കൃഷ്ണനൊത്ത് രാജ്യകാര്യങ്ങളിലൊക്കെ അതിസമർത്ഥൻ ഏത് രാഷ്ട്രീയകാര്യവും കൃഷ്ണൻ ഉദ്ധകരോട് ആലോചിച്ചിട്ട് ചെയ്യൂ രണ്ടുപേരും ഒരുമിച്ച് രാജ്യമൊക്കെ ഭരിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സായി കൃഷ്ണന് ഏതാം പത്രയുമൊക്കെ ആയി യുദ്ധവർക്കും അപ്പോഴാണ് കൃഷ്ണൻ യാദവകുലം മുഴുവൻ നശിച്ചു ഇതൊക്കെയൊന്നും എന്ത് ഈ ആദവുകൂടം കൃഷ്ണന്റെ മക്കളൊക്കെ എല്ലാവരും കള്ളുപിടിച്ച് ആ തമ്മിൽ തല്ലി മരിച്ചു ഇതാണ് യാദഗോകുലത്തിൻ്റെ നാശം ഈ ജഗത്ത് ഒരു മായ ഇതൊക്കെ ഇപ്പം വായിച്ചാലും അപ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ എന്നെ രക്ഷിച്ചോളും ഏത് കൃഷ്ണൻ ആരെ രക്ഷിക്കാൻ പോകുന്നു സ്വന്തം മക്കളെ രക്ഷിച്ചില്ല ലക്ഷക്കണക്കിനുള്ള മക്കളും ദയനീയമായി മദ്യം സേവിച്ച ഇവിടെ മദ്യനിരോധം അത് ഏറ്റവും ബഹളമല്ലേ വളരെ നല്ലത് നിരോധിക്കുന്നതൊക്കെ മകൾ നല്ലതൊക്കെ വേണ്ട ഒരിക്കലും പറയുന്നു പറയുന്നു എന്ന് കരുതരുത് പറ്റുന്നത്തോളം ഒക്കെ നിരോധിക്കുക എന്തിന് അതൊക്കെ കഴിഞ്ഞു കൃഷ്ണൻ ആ ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമൊന്നുമല്ല ഈ ശരീരം കളയാം ഞാനൊരു നേരം പോക്കിന് ഒരു വെറും നേരം പോക്കിന് ഒരു കളിയായിട്ട് ഈ ഒരു ശരീരമെടുത്തു എന്തൊക്കെയോ ചെയ്തു വിവേകാനന്ദ സ്വാമി പറയും പോലെ ബ്ലാഡ് ആയിട്ട് ബിഗ് ബ്ലൺലേഴ്സ് കൃഷ്ണനുമായി തന്നെയാണ് പറഞ്ഞത് കർമ്മമൊക്കെ ബ്ലൺലേഴ്സ് ചെയ്തു അദ്ദേഹം ശരീരം ഇടാൻ ഭാവിച്ചു അപ്പോഴാണ് ഉദ്ധവർ ചെന്ന് കണ്ണുന്ന് ഒരു വാർത്ത കരഞ്ഞുകൊണ്ട് അരക്ഷണം അങ്ങനെക്കാൻ എനിക്ക് സാധ്യമല്ല അങ്ങ് പോകുന്നിടത്ത് എന്നെ കൂടെ കൊണ്ടുപോകണം അപ്പോഴാണ് കൃഷ്ണൻ ദൂരെ വിളിച്ചുകൊണ്ട് പോയി മടയാ നീ ഇത്ര നാളുക എന്നോടുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആരാ നിനക്ക് പിടികിട്ടില്ലല്ലോ കഷ്ടമായി പോയി ഞാൻ അത്രയും വിചാരിച്ചില്ല അങ്ങനെയാണ് ഭാഗവത്തിലെ ഏകാദശം മുഴുവൻ ഉപദേശിക്കുന്നത് ഒടുവിൽ എന്ത് പറയുന്നു ബുദ്ധവര് ആ എനിക്ക് ഈ ഉപദേശമൊന്നും നടപ്പാക്കാനൊക്കില്ല യോഗം ഭക്തി അത് കഴിഞ്ഞിട്ട് ഒരുപാട് കർമ്മകലാപങ്ങൾ എനിക്ക് നീ ഇപ്പം ഇതൊന്നും അയ്യാം എനിക്കിപ്പോൾ ഈശ്വരനെ കാണണം അങ്ങക്ക് കാണിച്ചു തരാൻ പറ്റുമോ അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത് ഇതാ എടാ മഠയാപ്പോൾ ഈശ്വരനെ കാണണം അല്ലേ നീ കാണുന്നതൊക്കെ എന്തിനാണ് ഈശ്വരനെ അല്ലാതെ ഇവിടെ മറ്റൊന്നിനെയും കാണാനില്ല ആർക്കും സാധ്യവുമല്ല പക്ഷേ അത് അറിയുന്നില്ല എന്ത് ചെയ്യാൻ ഈശ്വരനെയാണ് കാണുന്നത് എന്ന് മാമേഴ സർവഭൂതേഷു ബഹിരന്തരപാവൃത്തം ഉള്ളെന്നോ പുറമെന്നോ ഇല്ലാതെ ഞാൻ നിറഞ്ഞിരിക്കുന്നു ഉദ്ധവരെ നിങ്ങളീ കാണുന്നതൊക്കെ ഭഗവാനെ എന്താ നിങ്ങൾ നിങ്ങളതൊന്നറിയൂ മാത്രം മതി ഞാൻ ഭഗവാനെയാണ് കാണുന്നതെന്നറിഞ്ഞാൽ നിങ്ങളീ ഈ ആവശ്യം എന്നോട് ഉന്നയിച്ചില്ലായിരുന്നു കഷ്ടമായിപ്പോൾ അത് കാണൂ എന്ന് പറഞ്ഞ് ഉപദേശിച്ചയക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ബാക്കിയൊക്കെ ഞാൻ പറയുന്നില്ല അത് ഒക്കെ വളരെ ഗംഭീരം എനിക്ക് തൽക്കാലം കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ഒരു അല്പ ഒരു കുണ്ഠീതത്തോടുകൂടി പറയുകയാണ് എൻ്റെ അഹങ്കാരികളായ ബന്ധുക്കളെയൊക്കെ മാറ്റി നിർത്തി എനിക്ക് ഭക്തിമതി ദാനം വേണ്ട അത് മതി ഇത് മതി എന്നൊക്കെ ഒരുമാതിരി അഹങ്കാരത്തോടുകൂടി കാര്യമെന്തെന്നറിയാതെ പറഞ്ഞു നടക്കുന്ന നിന്റെ ബന്ധുക്കളെയൊക്കെ മാറ്റി നിർത്തൂ എന്നിട്ട് വിസൃജ്യസ്മയമാനാൻസ്വാൻ ദൃശം വ്രീഡാം ദൈഹിക്കുകയും ശാരീരികമായ കാഴ്ചയും ലജ്ജയും ഉപേക്ഷിക്കൂ ഞാൻ മനുഷ്യശരീരം മറ്റതൊക്കെ മൃഗശരീരം ഇവിടെ അങ്ങനെയൊന്നുമില്ല പ്രണമേ ദണ്ഡവത് ഭൂമവും എന്നിട്ട് പോയി ദവപ്രണമിക്കൂ ബുദ്ധവരെ പത്ത് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സായ വൃദ്ധനോട് പറയുകയാണേ കൃഷ്ണൻ എനിക്കത് വായിച്ചപ്പോ ഈ കൃഷ്ണനോടൽപൊരു പരിഭവം തോന്നി പക്ഷെ പിന്നീട് അവരെ നമുക്ക് പരിഭവം വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ബുദ്ധവരോട് സ്വന്തം കൂട്ടുകാരനോട് പറയുകയാണ് ദണ്ഡവ പ്രണമിക്കൂ ഇത് ഭാരതത്തിലുള്ള ശ്ലോകമുണ്ട് ദണ്ഡവഭൂമോ ഭൂമിയിൽ ആശ്വചണ്ടാല ഗോഖരം പട്ടി ചണ്ടാലൻ പശു കഴുത അതാണ് ശാരീരികമായ കാഴ്ചയും ലജ്ജയും ഉപേക്ഷിച്ച് പോയി പ്രണമിക്കൂ എന്താന്ന് വെച്ചാൽ സത്യം പിടിക്കിട്ടണമിക്കൂ ഉടനെ പ്രണമിക്കണമെന്നൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ ഈശ്വരസ്വരൂപമാണെന്ന് മനസ്സിലാക്കൂ ഉദ്ധവരെ ഇവിടെയാണ് ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് ഭക്തി മതി ഇല്ല ഉദ്ധവരെക്കാൾ വലിയൊരു ഭക്തനാകാൻ കരുത്തുള്ളവർ ആരുണ്ട് ഈ ലോകത്ത് അഞ്ചും വയസ്സുമുതൽ കൃഷ്ണപൂജ ആരംഭിച്ച ഉദ്ധരേക്കാൾ അതിനേക്കാൾ ഭക്തനാകാൻ കരുത്തുള്ളവരുണ്ടോ അവരോട് നമുക്കും കൃഷ്ണൻ പറഞ്ഞ ഈ വാക്കില്ലാതെ വരെ എന്ത് പറയാനുണ്ട് അതുകൊണ്ട് ഇത്തരം ആവശ്യമില്ലാത്യാജ്ഞതയുള്ള ഗൽപ്പനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭക്തി ആയിക്കൊള്ളൂ പക്ഷേ എന്ത് വേണമായിക്കോളൂ കൃഷ്ണൻ തന്നെ പറയുന്നത് ഇറച്ചി വെട്ടി വിറ്റുകയോ അല്ലെങ്കിൽ പാചകം ചെയ്യൂ അല്ലെങ്കിൽ കൃഷി ചെയ്യൂ നിങ്ങളുടെ കർമ്മം കൊണ്ട് ആ സത്യത്തെ പൂജിക്കൂ അത് ഒരു പ്രയാസമില്ല ആ സത്യത്തെ ഉള്ളുകൊണ്ട് അറിഞ്ഞ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത് നമ്മൾക്ക് പറയുമല്ലോ പഴയ വാച മനസ്സ് ഇന്ദ്രിയേറുക ഒ ചന്ദ്രനാവാ പ്രകൃതി സ്വഭാവം കരോത്തി സകലം ഭഗവാ ഭഗവാന് വേണ്ടി അർപ്പിക്കുന്നു അതാണിത് ഇതെല്ലാം ഭഗവാനാണ് നിങ്ങളെന്ത് ചെയ്യുന്നതും മനസ്സാ ഭഗവത് അർപ്പണമാക്കി തീർക്കൂ മതി വേറെ എവിടെ ഭഗവാന് വേണ്ടി ആരും ഓരോ പൂജയും നടത്തേണ്ടത് അങ്ങനെ നടത്തിയിട്ടൊരു വിശേഷമില്ല ഉള്ള കാശുമുള്ള ഭഗവാൻ കാശു കുടുക്ക ഈശ്വര അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഉടമസ്ഥന് നിങ്ങളായി അത് നടത്തി ഉണ്ടാക്കിയത് അല്പം പൈസ അവിടെ അദ്ദേഹത്തിന് കൊടുത്തിട്ട് എന്ത് വിശേഷമാണ് അദ്ദേഹത്തിന് അത് ആവശ്യമുണ്ടോ വയ്ക്കോ അറിവുണ്ടോ ഇപ്പോൾ ആളുകൾ അങ്ങനെയാണ് ജനങ്ങളെ ദ്രോഹിച്ച് അഴിന്ന് നടത്തി കയ്യിൽ കിട്ടുന്ന കാശ് അവിടെ ഞാൻ കൂടുതൽ പറഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാവും നമുക്കത് വേണ്ട അറിവേതിനും എന്താണ് ഈ എങ്ങനെ ഈ അറിവ് എങ്ങനെയാണ് ഇതുകൊണ്ടൊന്നും ഓരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇന്നുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല ഈ സത്യം ഉൾക്കൊള്ളൂ തൽക്കാലം നിങ്ങളെന്ത് കർമ്മം ചെയ്താലും എന്തെല്ലാം എല്ലാം ഈശ്വരൻ അറിവേദിനം എങ്ങനെ ഈ അറിയപ്പെടും എന്നത് ഈ അറിയപ്പെടുന്ന അമേ ഗോതൽ സൂര്യചന്ദ്രന്മാരുടെയുള്ള കാഴ്ച ഏത് ഇതെവിടുന്ന് വന്നു ഇതൊക്കെ ഒന്ന് വ്യക്തമായി ശാസ്ത്രീയമായി മനനം ചെയ്തറിയൂ ഇതോതിയിട ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം ചിന്തിച്ചറിയുമെങ്കിൽ ചിന്തിച്ച് ഇതോതിയിടൽ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചറിയുമെങ്കിൽ അറിവിനറിവായി നിന്നേതറിയിക്കുമെന്ന് അറിയിക്കും നിങ്ങൾ നാം അതറിയിടും ഈ രീതിയിൽ അത് അറിവിനെക്കുറിച്ച് ചിന്തിച്ചത് ഉപനിഷത്തൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയല്ലേ ബോധമാണ് സത്യം പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ഗുരു ഉപദേശിക്കുകയാണ് തത്തുമസി നീ അതാണ് അയം ആത്മാ ബ്രഹ്മ ഈ ആത്മാവായി കാണുന്നതൊക്കെ ബ്രഹ്മമാണ് ഇതൊന്നും മനസ്സിലാക്കാൻ അശേഷം കൂട്ടാക്കാതെ വെറും അഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പേരിലാണ് ഈശ്വര ഭജനം പോലും നടന്നുവരുന്നത് അത് മായ നടക്കും കുറ്റം പറയുകയെല്ലാവർക്കും നടന്നുകൊണ്ടിരിക്കും അറിവെന്നതും നീ അപ്പോൾ ഗുരുദേവൻ ഇനിയും പറയുകയാണ് നീ എന്ന് പറഞ്ഞാൽ ജീവൻ നമ്മളോരോരുത്തരും തത്വമർസി അതാണീ പറയുന്നത് അറിവെന്നതും നീ നീയാണ് ആ അറിവ് ശുദ്ധമായ സത്യം നീ തന്നെ നീ അതു ആ നീ തന്നെയാണ് കുറേശ് ഈ പ്രപഞ്ചമായി ജഡനാമരൂപങ്ങളായി തോന്നുന്നത് അറിയുന്നതു നീ അതു നിന്നറിവിട്ട് നിന്റെ ഒരു ഭാഗം കൊണ്ട് എന്നാണ് നീ അഖണ്ഡബോധം അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് എന്നാണ് നിന്നറിവിട്ട് അറിയപ്പെടുന്നതെന്നായി അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് അറിയപ്പെടുന്നതായി മാറി എന്നിട്ട് മായ ഒരു നാമരൂപമുണ്ടാക്കി നിന്നിൽ തോന്നിച്ചു തോന്നിച്ചപ്പം നീ തന്നെയാണ് അറിയപ്പെടുന്നത് അമീപ മുതൽ അല്ലെങ്കിൽ ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ ഒരു നീ തന്നെയാണ് അതാണ് സത്യം അനുഭവിക്കുന്നവർ പറയുന്നത് ഞാനാണ് സൂര്യനായി പ്രകാശിക്കുന്നത് ഗീത പതിനഞ്ചാം അധ്യായത്തിൽ ഭഗവാനും അതാവർത്തിച്ച് പറയുന്നു അറിവെന്നത് നീ അതു നിന്നറിവിട്ട് നീ ആയിരിക്കും അറിവ് അതിന്റെ ഒരംശം കൊണ്ട് അറിയപ്പെടുന്നതെന്നായി അത് നല്ല സൂക്ഷിച്ചു വായിക്കണം അറിയപ്പെടുന്നതെന്നായി അറിയപ്പെടുമീത് രണ്ട് തുടർന്ന് അറിയപ്പെടുന്നത് രണ്ടായി പിരിഞ്ഞു എങ്ങനെ അറിയപ്പെടുന്ന പെടുമീത് രണ്ട് ഒന്നറിയുന്നുണ്ട് എന്നും ഒന്നതി ഇല്ലെന്നും രണ്ടുപേരും അറിവല്ലേ ഒരു വസ്തു ഇവിടെ ഉണ്ട് ഇവിടെ കുടമുണ്ട് വസ്ത്രമില്ല ഇങ്ങനെ എല്ലാ അറിവുകളും ചെറിയ നാമരൂപങ്ങളാണല്ലോ അപ്പൊ ഒരു നാമരൂപമുള്ളപ്പോൾ വേറെ നാമരൂപം ഇല്ല അങ്ങനെ മായ അറിയപ്പെടുന്ന നാമരൂപങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ അറിയപ്പെടുക എന്ന കർമ്മത്തെ രണ്ടാക്കി പിരിച്ചുണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്നാണ് അറിവിലിരുന്ന് അസദ് അസ്ഥി എന്ന അസംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ ഗുരുദേവൻ വേറെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അസദ് അസ്ഥി ഇല്ല ഉണ്ട് ഈ രണ്ടനുഭവങ്ങളും ബോധത്തിൽ നിന്നാണ് അനുഭവിക്കണമെങ്കിലും ബോധം വേണം കൊണ്ടെന്ന് അനുഭവിക്കണമെങ്കിലും ബോധം വേണം അപ്പൊ ഈ രണ്ടനുഭവങ്ങളും ബോധത്തിന്റെ തന്നെ അനുഭവങ്ങളാണ് ഈ ഭുവനം മുഴുവൻ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ ഈ രണ്ടനുഭവങ്ങളിൽ നമുക്ക് ഒതുക്കാം അസത് അസ്ഥി ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഉണ്ടില്ല എന്നു മുറമാറി അസത്വ സത്വരണ്ടും പ്രതീതം പച്ച മലയാളത്തിലും പറഞ്ഞിട്ടുണ്ടേ വേറെ പല കൃതികളിൽ ഉണ്ട് ഇല്ല ഉണ്ടില്ല എന്ന് മുറം മാറി ഇപ്പൊ ഉണ്ടെന്ന് അനുഭവിക്കുന്നെങ്കിൽ അല്പം കഴിഞ്ഞില്ല അസത്ത് സത്ത് ഇല്ലായ്മയും ഉണ്മയും രണ്ടും പ്രതീകം ഈ പ്രപഞ്ചത്തിൽ ഈ രണ്ടും തോന്നുന്നുണ്ട് ഇതങ്ങനെ അനാദി തമസ്വരൂപം ഇതനാദിയായ മായ വസ്തുന്നേ ഉള്ളൂ ഒരേ ഒരറിവ് ബോധം പക്ഷെ അനാധിയായമായ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഈ രണ്ടനുഭവങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതാണ് അറിയപ്പെടുന്നത് രണ്ട് അറിയപ്പെടുന്നത് രണ്ടായി ഹരിക്കപ്പെടുന്നു അറിയുന്നുണ്ട് എന്നും ഒന്ന് അതില്ലെന്നും അറിയുന്നുണ്ടെന്നും ഒന്നതില്ലെന്നും അറിവുന്നത് നീ അത് നിന്നറിവിട്ട് അറിയപ്പെടുന്ന അറിയപ്പെടുന്നതെന്നായി ഒരറിവേ ഇവിടെ ഉള്ളൂ അതുതന്നെ നീ പക്ഷേ നീ ആ അറിവിൻ്റെ ഒരംശം കൊണ്ട് അറിയപ്പെടുന്നതായി മാറി ആ അറിയപ്പെടുന്നത് പിന്നെ രണ്ടായി ക്രമേണ ആ മായ ഈ അഖണ്ഡമായ ബോധസത്തെ മായ ക്രമേണ നാവരൂപങ്ങളിൽ വേർവിരിച്ച് വേർവിരിച്ച് എങ്ങനെയാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളാക്കി തീർക്കുന്നത് എന്ന് അത്യന്തം ലളിതമായി ഗുരുദേവന് ഇവിടെ വിവരിക്കുകയാണ് അറിയപ്പെടുന്ന ഇത് രണ്ട് ഒന്നറിയുന്നുണ്ടെന്നും ഒന്ന് അതില്ലെന്നും അറിവ് മതിമണ്ണ ഇരയും കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങുന്നു അറിവ് മതിമണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്നു അപ്പോ എന്ന ജീവൻ ഉണ്ടല്ലോ ആ ജീവൻ ഞാൻ ഉണ്ട് എന്നറിയുന്നു അപ്പോ ജീവനിൽ രണ്ടംശം ഞാൻ എന്ന അംശവും അറിവിന്റെ അംശവും അറിയുന്നു ഞാൻ ഉണ്ട് ഉണ്ട് എന്നുള്ളത് അറിവിന്റെ അംശം ആ അറിവിൽ മായ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു ശബ്ദം ഒരു നാമമാണ് ഞാൻ അങ്ങനെ ഞാൻ ഞാൻ എന്നുള്ളതിൽ രണ്ടംശം നമ്മുടെയൊക്കെ ഉള്ളിൽ സ്മുരിക്കുന്ന ജീവൻ ഞാൻ അറിവുമതിന്വണ്ണം ചെന്ന് ചെന്നൊക്കെ പറഞ്ഞ ആ മലയാള ഭാഷയിൽ മായ മായക്രമേണ അറിവിനെ പിരിക്കുന്ന സമ്പ്രദായമാണ് അറിവുമതിന്മണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്നു ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ റിയുന്നവനിൽ അറിവ് പകർന്നു നിന്നു അപ്പോ അറിവ് അറിയുന്ന ഞാൻ അതിലൊന്ന് ആദ്യം പൊന്തിയ ഒരു കുമിള മായ പൊന്തിച്ചു കാട്ടിയ ഒരു കുമിളയാണ് ജീവൻ അവനവനെ പരിശോധിച്ചു നോക്കുക ഞാൻ എത്ര സ്പഷ്ടം ഞാനെന്റെ പിന്നിലാര ഒരു വലിയ സമുദ്രത്തിലെ ഒരു കുമിള പൊന്തിന്നതുപോലെ നമ്മുടെയൊക്കെ പിന്നിൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം പിന്നിലെന്ന് വെച്ചാൽ ഒരിക്കലും വേർപെടുന്നില്ല ഒരു കുമള സമുദ്രത്തിൽ പൊന്തിയാൽ കുമിള സമുദ്രത്തിൽ നിന്ന് എപ്പോഴെങ്കിലും വേർപെടുന്നുണ്ടോ ഒരിക്കലും വേർപെടുന്നില്ല അതുപോലെ അനന്തകോടി ജീവഭാവങ്ങൾ അഖണ്ഡബോധത്തിൽ പൊന്തിരുന്നു എങ്ങനെ പൊന്തി എന്തിന് പൊന്തുന്നു മായ മായ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് എങ്ങനെ എന്തിന് എന്ന ചോദ്യം ഇല്ല അകാരണമേവാ സർവേ ജീവാ പരാത്മദ വാശിഷ്ടം പറയുന്നു ഒരു കാരണവുമില്ല വാസ്തവത്തിൽ പൊന്തുന്നില്ല മായ പൊന്തിക്കുന്നതാണ് ഒരു കാരണവുമില്ല അറിയാനും വയ്യ അതുകൊണ്ടാണ് ായ എന്ന് പറയാൻ കാര്യം മായ പൊന്തിക്കുന്നതാണ് അകാരണമേവാശു സർവേ ജീവാ സകലജീവന്മാരും ഒരു കാരണവും കൂടാതെ പരാത്മദാ ഉപായി ആ പരമപദത്തിൽ നിന്നും പൊന്തുന്നു അകാരണം പക്ഷെ പൊന്തിക്കഴിഞ്ഞാൽ പശ്ചാത്തകർമാണി കാരണം സുഖദുഃഖയോ പിന്നെ ആ ജീവന്റെ കർമ്മങ്ങളാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം സർക്കല്ല ഇതിന് ഉത്തരവാദി ഈ ജീവനാണ് ജീവൻ ചെയ്യുന്ന കർമ്മം ഫലം അനുഭവിക്കുന്നു അതിന് യുദ്ധമായ ബോധമുണ്ടെങ്കിൽ ഉടൻ തന്നെ തിരിച്ച് സമുദ്രത്തിൽ ലയിച്ച് ഒന്നാകാം എന്താ ശുദ്ധമായ അറിവുണ്ടാവാത്തത് അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഇതൊരു മായ ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കും അവനവന് പറ്റുമെങ്കിൽ ഈ ബോധം ഉണ്ടാക്കിക്കൊള്ളുക അന്വേഷിച്ചൊള്ളുക ഉണ്ടാക്കിക്കൊള്ളുക അതിനൊക്കെ എന്താ നിയമം സാർ നിയമം അന്ന് ഇവിടെ ചോദിച്ചിട്ട് കാര്യമെല്ലാം മഹാഭാഗ്യം കൊണ്ട് കിട്ടുമെങ്കിൽ ആ അറിവ് ഉണ്ടാക്കിക്കൊള്ളുക അത്രേ പറയാൻ പറ്റൂ അറിവുന്ന അപ്പോ അറിവും അതിന് വണ്ണംസൻ അറിയുന്നവനിൽ പകർന്നു പിന്നീടും അവ ഞാനുണ്ട് ഞാനുണ്ട് ഉണ്ട് എന്നുള്ളത് തന്റെ പിന്നിലുള്ള അഖണ്ഡമായ സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ എന്നുള്ളത് തൽക്കാലം അതിൽ മായ ഉണ്ടാക്കിയ ഒരു ശബ്ദം ഞാൻ ഞാനുണ്ട് ഓരോ ഭാഷയിൽ ഓരോ ശബ്ദം അമീപയുടെ ഞാനുണ്ട് എന്ന അനുഭവത്തിൻ്റെ ഭാഷ എന്താണെന്ന് നമുക്ക് നിശ്ചയമില്ല അമീതയ്ക്കുമൊക്കെ ഒരുപക്ഷെ ഭാഷ ഒരു പക്ഷേ അല്ല ഭാഷ ഉണ്ട് ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ ഒരനുഭവവും ആർക്കും ഒരമീതയ്ക്കും സാധ്യമല്ല ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ ഓരനുഭവവും ഒരു ജീവജാലത്തിനും ഒരു വൃക്ഷത്തിനോ ചെടിക്കോ പോലും സാധ്യമല്ല അപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന ശബ്ദം എന്താണ് എങ്ങനെയാണ് നമുക്കാർക്കും നിശ്ചയമില്ല തട്ടപ്പി സ്വാമികൾക്കും മറ്റും കുറുമ്പിൻ്റെ ഭാഷയൊക്കെ നല്ല നിശ്ചയമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതചോത്രത്തിലൊക്കെ പറയുന്നത് എന്തായാലും അറിവും അതിന് വണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്നു അറിയുന്നവനിൽ അറിവ് പകർന്നതിൻ്റെ ലക്ഷണമാണ് ഞാൻ ഉണ്ട് എന്ന അനുഭവം ഞാനെന്നുള്ളത് മായാരൂപം ഉണ്ട് എന്നുള്ളത് അറിവിൻ്റെ രൂപം ഇങ്ങോട്ട് പകർന്നു കിട്ടിയ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിൽ നിന്നും പകർന്നു കിട്ടിയ അറിവിൻ്റെ അംശമാണ് ഉണ്ട് ഉണ്മ ഉണ്മയുടെ അനുഭവം ഞാനെന്നുള്ളത് മായാരൂപം ഇങ്ങോട്ടുള്ള എല്ലാറ്റിലും മായയുടെ രൂപവും കാണാം ആ അറിവിൻ്റെ രൂപവും കാണാം ഉണ്ട് രണ്ടും അറിവിന്റെ രൂപമാണ് എന്നിട്ട് അറിയും അറിയും അത് അറിവും അതിന് വണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്നു മനസ്സിലായാലും അറിയുന്നവനും ഞാൻ ആ ഞാനിൽ അറിവ് പകർന്നു കിട്ടി എങ്ങനെ അറിയാം ഉണ്ട് എന്ന അനുഭവം കൊണ്ടറിയാം രണ്ടംശം അല്ലേ ഞാൻ ഉണ്ട് ഞാൻ എന്നുള്ളതുമായ രൂപം ഉണ്ട് എന്നുള്ളത് അഖണ്ഡമായ സത്യത്തിൻ്റെ രൂപം ആ ഞാനും കൂടെ പോയാൽ കേവലമായ ഉമ്മ അതാണ് കൈവല്യം കേവലമായ ഉമ്മ ശബ്ദമില്ലാതെ അനുഭവിക്കാൻ പറ്റുമോ സാർ അത് അവിടെയാണ് നിങ്ങൾ ശബ്ദം ഉച്ചരിക്കാതിരിക്കൂ അനുഭവമൊക്കെ തീരുമോ അനുഭവമൊക്കെ ശൂന്യമായി പോകുമോ നല്ല പാട്ട് കേൾക്കുമ്പോ സുഖമായി ആനന്ദിക്കുന്നുണ്ടല്ലോ ആരെങ്കിലും പറഞ്ഞാണോ ആനന്ദിക്കാറ് അവിടെ ശബ്ദമില്ല അവിടെ മാത്രമേ ശബ്ദമില്ലാത്ത അനുഭവമുള്ളൂ ബ്രഹ്മാത്മാനുഭവം ബ്രഹ്മാനുഭവം അതികറ്റാനന്ദം ധ്വനിയും അടങ്ങുമിടം സ്വയം പ്രകാശം എല്ലാ ധ്വനിയും അടങ്ങുന്ന അനുഭവം നമുക്കൊക്കെ ഉള്ളത് നല്ല പാട്ടുകേട്ടങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ആരും ഒന്നും ശബ്ദിക്കുന്നില്ല ഒടി പറയാറുണ്ടേ ഹ അല്ല സുഖമൊന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല മറ്റൊന്നും അറിഞ്ഞില്ല കേവലസുഖം അത് മാത്രം അനുഭവിച്ചേ അറിയാൻ പറ്റൂ അനുഭവിയാതറിവില അഖണ്ഡമാം ചുഖനമതും മൗനഖന അമൃതിയാവും എന്നാണ് ഗുരുദേവൻ തന്നെ ആത്മാദേഹത്തിൽ പറയുന്നത് മൗന ഖന അമൃതാഥി നമുക്കൊക്കെ അനുഭവിക്കാം നമ്മളൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നല്ല പാട്ട് കേൾക്കുമ്പോഴുള്ള അസാധാരണ സുഖം ആരും പറഞ്ഞല്ല അനുഭവിക്കുന്നത് ഒരു അസാധാരണ സുഖവും ആരും പറഞ്ഞല്ല അനുഭവിക്കുന്നത് ആ സുഖം നിരന്തരമായാലോ ഏതെങ്കിലും ഒരസാധാരണ സുഖം പാലന ചെയ്തിട്ട് ആ അസാധാരണ സുഖം നിരന്തരമായാൽ അതാണ് ബ്രഹ്മാനന്ദം നമ്മള് ബ്രഹ്മാനന്ദം പലപ്പോഴും അനുഭവിക്കുന്നു പക്ഷെ കൃത്രിമമായി ഒരു നിമിഷം നേർത്തേക്കാൾ ആ കൃത്രിമമായ ഉപായം പോകുമ്പോ അനുഭവം പോയി ആ അനുഭവം നിരന്തരമാക്കാൻ പറ്റുമോ പറ്റും മനസ്സിനെ രാഗദ്വേഷവിമുക്തമാക്കിയാൽ നിരന്തരമാക്കാൻ പറ്റും അത് ജനിക്കാത്ത ആനന്ദമാണ് അത് മരിക്കുകയില്ല നമ്മളൊക്കെ അതാണ് നമുക്ക് ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കാൻ പറ്റിയാൽ തീർച്ചയായും ആ ആനന്ദം ആർക്കും അനുഭവിക്കാം അറിയപ്പെടും രീതിയിലൊന്നാബോ അറിവും അതിന്മണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്നു പിന്നീടും എന്നിട്ട് വീണ്ടും അപ്പോ അറിവ് അറിയുന്നവൻ ആ അറിയുന്നവനിൽ ഉണ്ട് ഇല്ല എന്ന് രണ്ടനുഭവം അതാണ് ബുദ്ധി അറിയുന്നവൻ പിന്നെ ബുദ്ധിയെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഉണ്ട് ഇല്ല അതായത് അന്ധക്കരണം ബുദ്ധിയെന്നോ അന്ധക്കരണമെന്നോ മനസ്സെന്നോ എന്ത് പേര് വേണോ പറയുക അവ ഓർമ്മിക്കാമല്ലോ അഖണ്ഡബോധം അറിയുന്നവൻ ഞാൻ എന്ന ജീവഭാവം അതിലന്ധക്കരണം ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്ന അനുഭവം ആരംഭിക്കുന്നതോടുകൂടി ബുദ്ധി അഥവാ അന്ധക്കരണം ീ അന്ധക്കരണം വീണ്ടും പെരുവുന്നു അന്ധക്കരണം ബുദ്ധി വീണ്ടും പെരുകുന്നതാണ് അറിയപ്പെടുന്നതിലൊന്ന് ഈ അറിയപ്പെടുന്ന അതായത് ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്നറിയപ്പെടുന്നുണ്ടല്ലോ അതിൽ അതിൽ ഒന്നി അറിവിൻ പൊരി വീണ്ടും അറിവിന്റെ പൊരി വീണിട്ട് അറിയപ്പെടുന്നതിൽ വീണ്ടും മായ മായ വീണ്ടും കുറച്ചറിവിനെ കൂട്ടിച്ചേർത്തിട്ട് ചീന്തി അതിനെ വീണ്ടും പിളർന്നു അഞ്ചായി അങ്ങനെ അത് അഞ്ചായി മാറി അറിയപ്പെടുന്നത് ബുദ്ധിയുടെ അനുഭവം ഉണ്ട് ഇല്ല എന്ന അനുഭവം വീണ്ടും പിളർന്ന് അതൊക്കെ എങ്ങനെ പിടർന്നു അതൊന്നും ചോദിക്കരുത് മായ മായയുടെ ജോലിയാണ് അതൊക്കെ പുലർത്തുന്നത് നമ്മുടെ അനുഭവം സ്പഷ്ടം അഞ്ചായിരുന്ന ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ തീർന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടി അവസാനിക്കുന്നു ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ അതോടുകൂടി അന്ധക്കരണം പൂർണ്ണമായി അറിയപ്പെടുന്നതിൻ്റെ സൃഷ്ടി പൂർണമായി അറിയപ്പെടും ഇതിലൊന്നി അറിവിൻ പൊരിവീണു ചീന്തി നല്ല ഒന്നാനന്തരം മലയാള പദങ്ങളുടെ ഉപയോഗമാണ് ഉണ്ട് ഇല്ല എന്ന് ആ അറിയപ്പെടുന്നതിൽ അറിവിന്റെ പൊരി വീണിട്ട് വീണ്ടും അത് അഞ്ചായി പിളർന്നു ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ശബ്ദമുണ്ട് സ്പർശമില്ല സ്പർശമുണ്ട് അതെല്ലാം രണ്ടായി അഞ്ചായി പിളർന്നു സ്പർശമുണ്ട് ശബ്ദമില്ല രസമുണ്ട് രൂപമില്ല രൂപമുണ്ട് രസമില്ല ഇങ്ങനെ ഓരോന്നും വീണ്ടും പിളർന്ന് അഞ്ചായി ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളായി മാറി തീർന്നു ഇനി അതൊന്നുകൂടെ സംഗ്രഹിച്ചു വിവരിക്കുകയാണ് അടുത്ത രണ്ട് പദ്യങ്ങൾ ആ രണ്ട് പദ്യവും നമ്മൾ നമ്മളെ ചർച്ച ചെയ്യും അറിയും അതിന് വണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്നു പിന്നീടും അറിയപ്പെടും ഇതിലൊന്ന് ഇതൊക്കെ വ്യക്തമായിട്ട് ധരിച്ചില്ലെങ്കിൽ എന്തോ കടം കഥ പറയുന്നത് പോലെ തോന്നും അറിയപ്പെടുന്നതിലൊന്നി അറിവിൻ പൊരി വീണു ചീന്തി പിളർന്ന് അഞ്ചായി ചുരുക്കത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം ബ്രഹ്മം ഗുരുദേവൻ ഈ ബ്രഹ്മത്തെ ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ മൂന്നാം പദ്യത്തിൽ അതിഗംഭീരമായി വിവരിക്കുന്നു വ്യാപ്തം ചരാചരം ഏത് പരമസത്യത്താൽ ബോധത്താൽ അറിവിനാൽ ചരാചരം വ്യാപ്തം ചരിക്കുന്നതും ചരിക്കാത്തതുമായ സർവപ്രപഞ്ചവും ആകവും പുറവും നിറഞ്ഞിരിക്കുന്നു ഈ പരമസത്യത്താൽ വ്യാപ്തം ഏന ചരാചരം ഘടശരാവാദീവ മത്സത്തയ എങ്ങനെയാണോ മണ്ണുകളുണ്ട് കൊടം ചട്ടി കലം എന്നീ പാത്രങ്ങളെല്ലാം സർവത്ര നിറഞ്ഞിരിക്കുന്നത് അതുപോലെ ജഗത്ത് മുഴുവനും നിറഞ്ഞിരിക്കുന്ന വസ്തു അതാണ് ബ്രഹ്മം അറിവ് ശുദ്ധമായ ബോധം അഖണ്ഡമായ ബോധം വ്യാപ്തം യേനചരാചരം ഘടചരാവാദി വമത്സത്തയസ്ഫുരിതം യഥാത്മകം എന്തിന് ഈ കാണുന്ന പ്രപഞ്ചനെല്ലാം ആ ബോധത്തിനുള്ളിൽ പ്രകാശിക്കുന്നു ഏത് കമ്പ്യൂട്ടറായാലും ശരി ഏത് സൂര്യനോ ചന്ദ്രനോ ആയാലും ശരി ആ ബോധത്തിനുള്ളിൽ പ്രകാശിക്കുന്നു ബോധമുള്ളതുകൊണ്ട് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നു ഹെ കമ്പ്യൂട്ടറിനുള്ളിൽ ബോധമുണ്ടോ സർ കമ്പ്യൂട്ടറിനുള്ളിലോ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലും പുറത്തും സർവത്ര ബോധം ബോധമാണ് കമ്പ്യൂട്ടറായിട്ടിരിക്കുന്നത് അത് നമ്മുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയാൽ അവർക്ക് കുറെ കൂടി ഈ കണ്ടുപിടുത്തങ്ങളെ അതിഗംഭീരമാക്കി മാറ്റാൻ കഴിയും ജനോപകാരപ്രദമാക്കി മാറ്റാൻ കഴിയും അങ്ങനെ വ്യാപ്തം ചെയ്യുന്ന ചരാചരം ഖട ചരാവാദീവ മുസത്തയ അന്തസ്ഫുരിതം അതിനകത്ത് പ്രകാശിക്കുന്നു ഏതാത്മകം അന്തസ്ഫുരിതമൊന്നല്ല അത് തന്നെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ബ്രഹ്മമുണ്ടോ അല്ല എഴു ബ്രഹ്മം തന്നെ കമ്പ്യൂട്ടർ ഏത് ഗംഭീരതും തെളിയിച്ചു കൊടുക്കാം അതില്ലയോ ഒരു കമ്പ്യൂട്ടറും ഇല്ല ഞാൻ കമ്പ്യൂട്ടറിനെ എടുത്തു പറയുന്നത് ആധുനിക ശാസ്ത്ര ലോകത്തിൻ്റെ അത്ഭുതമല്ലേ അത് അതെന്തുകൊണ്ടാ അത്ഭുതം ബോധമുള്ളതുകൊണ്ടാണെന്ന് കൂടെ ധരിച്ചാൽ അതിന്റെ അത്ഭുത സ്വഭാവം മാറിക്കിട്ടും മായ മായ കാണിക്കുന്ന ഒരദ്ഭുതമല്ലാതെ ഒരു ശാസ്ത്രജ്ഞനും കാണിക്കുന്ന അത്ഭുതമല്ല ഘടശരാവാതീരമത്സത്തയാസ്ഫുരിതം യഥാത്മകം അതിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നതല്ല അത് തന്നെ യഥാത്മകനിതം ജാതം യഥോ വർത്തത്തെ അതായിട്ടത് പ്രകടമാകുന്നു അതിൽ തന്നെ തുടർന്ന് നിലനിൽക്കുന്നു അതില്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല യഥാത്മകം ജാതം യഥോ വർത്തത്തെ യശ്മിൻ എപ്രളയവേണി ഇല്ലാതാകട്ടെ എന്നുവെച്ചാൽ ഈ രൂപം ഇല്ലാതാകട്ടെ അത് ആ പരമസത്യത്തിൽ ഏകീഭവിച്ച് സദ്ഘനം ഉണ്ട് ഉണ്മയായി ബാക്കി നിൽക്കും എന്നും നഷ്ടപ്പെടില്ല മായ ഉണ്ടാക്കി കാണിക്കുന്ന ഈ നാമരൂപങ്ങൾ പോലും ആ സത്യത്തിൽ തന്നെ ലയിച്ചവിടെ ഉണ്ടാവും ഏതുപോലെ സകല ആഭരണ നാമരൂപങ്ങളും അപ്രത്യക്ഷപ്പെട്ടാൽ ആ നാമരൂപങ്ങളെല്ലാം സ്വർണത്തിൽ ലയിച്ചവിടെ ഉണ്ടാവും ഒരു ഘട്ട സ്വർണ്ണ സ്വർണം ഉണ്ടെങ്കിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതും ഇനി മേലുണ്ടാക്കാവുന്നതുമായ സകല നാമരൂപങ്ങളും ആഭരണങ്ങളും അതാണ് വേദാന്തം പറയുന്നത് ഈ ബോധത്തിനകത്ത് സകലത്തുമുണ്ട് സകലത്തും നിങ്ങൾക്കതിനെ വേർതിരിച്ചെടുക്ക എടുക്കാനുള്ള ഉപായം അറിയാമോ എല്ലാം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ എന്തെന്തെല്ലാം ഉണ്ട് എല്ലാം അതിനകത്തുണ്ട് സർവമസ്തിചിതകോശയെ ചിത്തിൻ്റെ ഉള്ളിൽ ബോധത്തിനുള്ളിൽ സകലത്തുമുണ്ട് അങ്ങനെ യസ്മിൻ എത്രയേബി സത്മജം സർവം യത് അന്വേഷത്തി ഈ കാണുന്ന സഖത്തിലും അത് നിറഞ്ഞു നിൽക്കുന്നു സർവം യത് അന്വേത്തി തദ് സത്യം മിഥി അല്ലയോ മനുഷ്യ അതിനെ ആ ബോധത്തെ ആ അറിവിനെ ബ്രഹ്മത്തെ സത്യമായി മനസ്സിലാക്കൂ തത് സത്യം മിഥി അമൃതായ അതൊരിക്കലും നഷ്ടമാവില്ല അതാനന്ദം നിറഞ്ഞതാണ് അമൃതമായ നിർമ്മലധിയോ ശുദ്ധബുദ്ധികൾ ആ സത്യത്തെ അനുഭവിച്ച് യസ്മൈ നമസ്കാരമർപ്പിക്കുന്നു ആ പദ്യമൊക്കെ ഗംഭീരമായ സത്യത്തിൻ്റെ വിവരണങ്ങളാണ് അറിവ് എന്ന കൃതി ആ സത്യത്തിൻ്റെ എല്ലാ രൂപഭാവങ്ങളും നമുക്ക് അതിമനോഹരമായി ഇതാണ് വിവരിച്ചു തരുന്നു പിന്നെ രണ്ട് പദ്യമേ ഉള്ളൂ ആ രണ്ട് പദ്യവും ഈ വിഭജനം പഞ്ചഭൂതങ്ങളുടെയും ജീവൻ്റെയും അറിവ് ജീവൻ ബുദ്ധി പഞ്ചഭൂതങ്ങൾ ഓർമ്മിക്കുക അറിവ് അഖണ്ഡ ബോധം അതിൽ ജീവനെന്ന മുളപ്പ് ആ മുളത്തിൽ നിന്നും വീണ്ടും ഒരു മുളപ്പ് ഈ ചെടികളും മറ്റും മുളച്ചു മുളച്ചു വരുന്നില്ലേ അതുപോലെ പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ മുളയ്ക്കുന്നില്ല മായ ഉണ്ടത്ത് തോന്നിക്കുന്ന മുളപ്പുകൾ ജീവൻ ഉൾപ്പെടെ ജീവൻ ഞാൻ ഒക്കെ അനുഭവം ഞാൻ അവിടെ സ്വൽപ്പം കുറച്ചുകൂടി ഒരു മുളപ്പ് ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്ന അനുഭവം അന്ധകരണത്തിൻ്റെ ആരംഭം ആ മുളപ്പ് വീണ്ടും അഞ്ചായി പിരിയുന്നു ശബ്ദമുണ്ട് ശബ്ദമില്ല ൂപമുണ്ട് രൂപമില്ല എന്നിങ്ങനെ വീണ്ടും അഞ്ചായി പിരിയുന്നു അതോടുകൂടി എട്ട് മുളപ്പ് എന്താ അതിൽ ഏ എണ്ണം മുളപ്പ് പരമസത്യം ബ്രഹ്മം മാത്രം മുളപ്പല്ല അത് സനാതന സത്യം അതിലൊന്നും മുളച്ചതായി തോന്നുന്നതാണ് മറ്റല്ല സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി വിവരണമാണ് ഇത് ഒടുവിൽ പറയാനുള്ളതെന്താ നമ്മൾ ദൈവദർശകത്തിൽ പറയില്ലേ നീ സൃഷ്ടിയും സൃഷ്ടാവായതും വെച്ചാൽ വേറെ ഇവിടെ സൃഷ്ടിക്കാനാളില്ല റോ മെറ്റീരിയലില്ല സൃഷ്ടിക്കാനുള്ള സാധന സാമഗ്രികളൊന്നുമില്ല എല്ലാം മായ കൊണ്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഭഗവാനെ ആ ദൈവദശലത്തിലെ ആ പദ്യങ്ങളെല്ലാം ഗംഭീരമായ വേദാന്ത തത്വമാണ് അല്ലാതെ ചുമ്മാ പറഞ്ഞിരിക്കുകയല്ല നീയല്ലോ ആ തത്വത്തിൻ്റെ വിവരണമാണ് ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയത് എങ്ങനെ ബ്രഹ്മം സൃഷ്ടിയായി സൃഷ്ടാവായി സൃഷ്ടിക്കുള്ള സാമഗ്രിയായി ഒക്കെ ഇതാ ഇവിടെ സ്പഷ്ടമായി കാണിച്ചു തന്നിരിക്കുന്നു നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും റോ മെറ്റീരിയൽ സൃഷ്ടിക്കാൻ നീയെല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ ദൈവമേ മായയെ നീക്കി സായുധ്യം എന്നുള്ളൊരു വാര്യനും ഇങ്ങനെയൊക്കെ വിവരിച്ചാലോ കൂടുതലൊന്നും ധരിക്കുന്നു അങ്ങോട്ട് വിശദമായി ധരിച്ച് വരുന്നില്ല അറിവിനെ വിട്ടൊരു വസ്തുവന്യമില്ല എന്ന് ഗുരുദേവൻ പറയുന്നത് ധരിക്കുക ഇവിടെ ബോധം മാത്രം ഈശ്വരൻ മാത്രം ബ്രഹ്മം മാത്രം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ദൈനംദിന ജീവിതം നയിക്കാമെങ്കിൽ നമ്മുടെ ജീവിതമാകെ മറ്റെന്ത് കർമ്മം ചെയ്താലും വീണില്ല ഇല്ലെങ്കിലും വീണില്ല ബ്രഹ്മയജ്ഞം അദ്ഭുതകരമായി ജീവിതം ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും ഉറവിടമായി തീരും ഒടുവിൽ ഞാൻ ജനിച്ചിട്ടില്ല ഞാൻ മരിക്കുന്നുമില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി സനാതന സത്യമായി നമുക്ക് നിലനിൽക്കുകയും ചെയ്യാം അതിനുള്ള കരുത്ത് കുറേശ നമുക്കെല്ലാം ഗുരുദേവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം